ആദരവുള്ള മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു പറയുക അതിൽ യുദ്ധം ചെയ്യുന്നത് വലിയ തെറ്റാണ് എന്നാൽ അല്ലാഹു സുബഹാനഹുവ തയാലയുടെ മാർഗത്തിൽ നിന്ന് തടയുന്നതും അവനിൽ അവിശ്വസിക്കുന്നതും മസ്ജിദുൽ ഹറാമിൽ നിന്ന് അതിന്റെ നിവാസികളെ പുറത്താക്കുന്നതും അല്ലാഹുവിന്റെ അടുക്കൽ അതിനേക്കാൾ വലിയ തെറ്റാണ് കൊലപാതകത്തേക്കാൾ വലിയതാണ് കുഫർ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്നും അടങ്ങാനവർക്ക് സാധിച്ചാൽ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളിൽ ആരെങ്കിലും തൻറെ മതത്തിൽ നിന്നുമടങ്ങി കാഫിറായിക്കൊണ്ടു മരിച്ചാൽ അവൻറെ ദുനിയാവിലെയും ആക്രത്തിലെയും കർമ്മങ്ങൾ വ്യർത്ഥമാകും അവർ നരകവാസികളായിരിക്കും അവർ ശാശുദമായി ശാശ്വതമായി വസിക്കുന്നവരാണ്